ഇബ്രാഹീം അലിഹിസ്ലാം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഓർക്കുക എൻറെ രക്ഷിതാവേ ഈ നാടിനെ നീ ഒരു സുരക്ഷിത നഗരമാക്കേണമേ അതിലെ ജനങ്ങളിൽ അള്ളാഹു സുബഹാനഹുവറ്റായയിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് നീ പഴവർഗ്ഗങ്ങൾ നൽകി ഉപജീവനം നൽകേണമേ അള്ളാഹു സുബാനഹുവറ്റായ പറഞ്ഞു ആരെങ്കിലും സത്യനിഷേധം കാണിച്ചാൽ അവന് ഞാൻ അല്പകാലം സുഖഭോഗങ്ങൾ നൽകും പിന്നീട് ഞാൻ അവനെ നരകാഗ്നിയുടെ ശിക്ഷയിലേക്ക് നിർബന്ധിതനാക്കും എത്ര മോശമായ മടക്കസ്ഥാനമാണത്